േഷ ആനന്ദയും ഭാമതികാരൻ മുമ്പ് വന്ന വാദങ്ങള് ഉപസംഹരിക്കുകയാണ് ഈ അത് ധർമ്മ ജിജ്ഞാസയ്ക്ക് ശേഷമാണോ എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ ചോദ്യം വന്നത് അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ബ്രഹ്മവിചാരം ധർമ്മ ജിജ്ഞാസക്ക് ശേഷം വേണമെന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം ബ്രഹ്മവിചാരം ചെയ്യണമെന്ന് അങ്ങനെ നേരത്തെ പറഞ്ഞു അപാകൃത്യ മനോമോക്ഷേ നിവേശയെല്ലാ കടങ്ങളും വീട്ടിയതിന് ശേഷം ബ്രഹ്മവിചാരം ചെയ്യണമെന്നൊക്കെ മനുസ്മൃതി പറയുന്നുണ്ട് അതെല്ലാം നോക്കിക്കഴിഞ്ഞാല് ഗ്രഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വേണം പിന്നെ ബ്രഹ്മവിചാരം ചെയ്യുന്നു ഈ ബ്രഹ്മവിചാരം ചെയ്താൽ അവിടെ ഉറപ്പായിട്ടും വന്നുചേരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സന്യാസം അതുകൂടെ ഉണ്ട് അതുവരും ബ്രഹ്മവിചാരം എന്നുള്ളതല്ല ശങ്കരന്റെ അഭിപ്രായമാണ് ഭാവധികാരനും അംഗീകരിക്കുന്നു ബ്രഹ്മവിചാരം എന്ന് പറഞ്ഞാൽ സന്യാസം വരും അങ്ങനെ പറഞ്ഞാണ് സന്യാസത്തെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് അപ്പൊ ഇതിനെ ഭാവധികാരൻ വിശദമായി ഖണ്ണിച്ച് അങ്ങനെയല്ല ശ്രുതി എന്ന് പറയുന്നു പ്പോ എപ്പോഴാണോ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാലും പിന്നെ എന്ത് ചെയ്യാനും ഇത് എനിക്കിപ്പോ രണ്ട് ചോദ്യമാണ് ഒന്ന് പഠിപ്പിക്കുക പിന്നെ പഠിക്കുക കാരണം പഠിക്കാൻ വേറെ ആരുണ്ട് എന്നുവെച്ചാ ഒരു ബ്രഹ്മചാരി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രഹസ്ഥി ആയിരിക്കുമ്പോഴോ എപ്പോഴായാലും ശരി അതാണ് അഹരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പകലെന്നുള്ളത് എപ്പോഴാണോ വരാഗി ഉണ്ടാവുന്നത് അപ്പൊ സന്യസിക്കുന്നു ബ്രഹ്മചാരി ആയിരിക്കുമ്പോഴും സന്യസിക്കാം ഈ ബ്രഹ്മചാരി ആയിരിക്കുന്ന പറയുന്നത് പഴയ വൈദിക കാലത്തെ ഇന്ന് ബ്രഹ്മചാരി ഒന്നും ആരില്ല മനസിലായ പഴയ കാലത്തേ ഉള്ളു ബ്രഹ്മചാരിന്ന് പറയുന്നു അവസ്ഥ ഇന്ന് എന്തുകൊണ്ട് ബ്രഹ്മചാരി ഇല്ല ബ്രഹ്മചര്യം എന്ന് വെച്ച വേദം അധ്യയനത്തിന് വേണ്ടി വ്രതം ശീലിക്കുന്നതാണ് ബ്രഹ്മചര്യം ബ്രഹ്മവേദ ്രഥം ചരി ബ്രഹ്മചാരി എന്നാണ് ബ്രഹ്മത്തിച്ചരിക്കുന്ന വേദം അധ്യയനത്തിന് വേണ്ടി ഉള്ള വ്രതം എന്താണാ വ്രതം എന്താണോ വ്രതം ഏ അത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയും ബ്രഹ്മ അതായത് വേദാധ്യനത്തിനുവേണ്ടി ഒരാൾ എന്തൊക്കെ മൃതം സ്വീകരിക്കണം ആ മൃതങ്ങളെ എല്ലാത്തിനും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുപറയുന്നത് ബ്രഹ്മചേര അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചൌജനത്യാഗം സിലിബസ് സെലിബസിന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ ബ്രഹ്മചരി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അർത്ഥം എന്താണ് സെലിബസി അങ്ങനെയല്ല എന്റെ അർത്ഥം ആൾക്കാർ അറിയാതെ പറയുന്ന വിവരകൂശികളെ നിറഞ്ഞുപോയി നോക്കാം ഇപ്പൊ വേദം അധ്യയനത്തിന് വേണ്ടി ചെയ്യുന്ന വ്രതമാണ് ബ്രഹ്മചരി അപ്പൊ അത് ചെയ്തവനും എന്താണ് അവന് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ സന്യസിക്കണം അങ്ങനെ സന്യാസിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മചാരിയാണോ സന്യാസിച്ചു കഴിഞ്ഞ ഒരാള് ബ്രഹ്മചാരിയാണോ എന്നുവെച്ചാൽ വീണ്ടും വേദം അധ്യയനം ചെയ്യുന്ന അധ്യയനം ചെയ്യില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്രഹ്മചാരി ആ വ്രതം തുടരുവാർമ്മജാരിയാണോന്നാണ് ബ്രഹ്മചാരില്ല സന്യാസിയെ ബ്രഹ്മചാരിയല്ലേ പെരുമജാരി ആണോ അല്ലേന്നാണ് ചോദ്യം ആണോ ആ ബ്രഹ്മചാരി വ്രതങ്ങളെല്ലാം അധ്യയനം ചെയ്യേണ്ടേ വേദാധ്യയനോ വേദാധ്യനം ചെയ്യണമെങ്കിൽ അതിന് സന്യാസിണ്ട് സന്യാസിക്ക് അധ്യയനം ഇല്ല സന്യാസി അതൊക്കെ എന്തുമായിട്ടെ ഞാൻ ചോദിക്കുന്നതിനാദ്യം ഉത്തരം പറയാൻ പറയാം സന്യാസി അതായത് വേദാധ്യയനം എന്ന് പറഞ്ഞാദ്യം മനസ്സിലാക്കണം ഗുരുമുഖത്തെന്ന് കേട്ട് ചൊല്ലിപ്പടിക്കുന്നാണ് വേദാധ്യനം ആ വേദാധ്യയനം പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊറേ നിയമങ്ങൾ കുറയും കാരണം അത് അഞ്ചാമത്തെ വയസ്സിലൊക്കെ തുടങ്ങുന്നതാണ് അതാണ് കുട്ടിന്ന് പറയുന്നത് അത് പന്ത്രണ്ട് വർഷം അപ്പൊ എത്ര എത്ര വയസ്സൊരു അഞ്ചാമത്തെ തുടങ്ങിയ പതിനഞ്ചും പതിനേഴ് വയസ്സ് വരെ അപ്പൊ കൗമാരം കഴിഞ്ഞ് യുവത്തൂത്തിലേക്ക് വരികയാണ് അപ്പവിടെ സിലിബസി പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും പക്ഷെ അതുകൊണ്ടാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ മൈഥുനത്യാഗമെന്ന് പറയാൻ പറ്റാത്ത കാരണം അഞ്ചാമത്തെ വയസ്സ് ആറാമത്തെ വയസ്സ് ഏഴാമത്തെ വയസ്സ് അവരൊന്നും അതിന്റെ പ്രസക്തി ഇല്ലല്ലോ ഹാർമോൺസൊന്നും ഉണ്ടാവുന്നില്ല മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ലൈംഗികതയൊക്കെ ഉണ്ടാവുന്നു അപ്പൊ ലൈംഗികത ഉപേക്ഷിക്കാന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗമേ ആവുന്നുള്ളൂ പ്രമേയ ജീവിതത്തിന്റെ പന്ത്രണ്ട് വർഷം കഴിയുമ്പോ അതിന് സമാവർത്തനം കഴിയും സമാവർത്തനം കഴിയാന്ന് പറഞ്ഞാ സമാവർത്തനം ഏ സമാവർത്തനം സമാവർത്തനം ചെയ്ത വേദാധ്യനം പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുക അതിനാണ് സമാവർത്തനം പി എച്ച് ഡി എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ എടുത്തുകൊണ്ട് വീണ്ടും പോകും അത് കഴിഞ്ഞ് അയാള് എന്താണോ ആ ഗുരുകുലത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ വീട്ടിൽ പോകുന്നില്ല ഗൃഹസ്ഥാശ്രമത്തിന് വേണ്ടി പോകുന്നില്ല പരിപ്രവജനത്തിനും പോകുന്നില്ല രണ്ടിനും പോകുന്നില്ല ഗുരുകുലത്തിൽ തന്നെ തുടരുന്നു അതിനാണ് പറയുന്നത് നഷ്ടിക ബ്രഹ്മചാരി െന്തോന്നു നൈഷ്ഠിക അത് കഴിഞ്ഞ് അല്ല അയാള് അധ്യയനം പൂർത്തിയാക്കിയിട്ട് അങ്ങനെന്തെയ്യുന്നു പിന്നീട് ബ്രഹ്മവിചാരെ വീണ്ടും തുടരുകയാണ് അധ്യയനം എന്തുണ്ട് വിചാരമുണ്ട് അപ്പോൾ ബ്രഹ്മവിചാരം ചെയ്യുന്നതുകൊണ്ട് വീണ്ടും അധ്യയനം വേറെ രൂപത്തിലായത് കൊണ്ട് വിചാരൂപത്തിലുണ്ട് യാള് ബ്രഹ്മചാരിയുടെ വ്രതം അയാൾക്ക് വീണ്ടും വേണം പിന്നെ അയാൾ അങ്ങനെ പോകുന്നു അയാള് പരിപ്രാജകനാകുന്നു പരിപ്രാജകനായാലും വ്രതങ്ങളെല്ലാം വേണം ബ്രഹ്മവിചാരം എല്ലാം വേണം അയാൾ അവിടെയും ബ്രഹ്മചാരിയുമാണ് സന്യാസിയാണ് അവിടെ വേദവിചാരമായി മാറി പരിപ്രജനവുമാണ് മറ്റു വ്രതങ്ങളെല്ലാം അയാൾക്ക് വേണം വ്രതങ്ങളോടുകൂടി ജീവിക്കുന്നത് പരിപുരാടായി അപ്പൊ ഈ പരിപ്രചന എപ്പോ തുടങ്ങണമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത് ഗുരുകുലത്തിൽ വേദാധ്യനം ചെയ്തുകൊണ്ടിരിക്കും ബ്രഹ്മചാരി ആയിരിക്കും ഭാഗമാകാം അപ്പ വേണമെങ്കിൽ പരിവേചന തുടങ്ങാം ഇനി നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കുന്നു ഗുരുകലത്തെ താമസിക്കുന്നു അപ്പോഴും പരിപുരാടാകാം അല്ലെ ഇനി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഗൃഹസ്ഥാശ്രമം വിവാഹം സ്വീകരിച്ചു വിവാഹം കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു ആ വിവാഹം കഴിച്ച് ആ വീട്ടിൽ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കുമ്പം പരിഭ്രജനമാകാം അല്ല അപ്പോഴുമില്ല അത് കഴിഞ്ഞാൽ നേരെ കാട്ടിലേക്ക് പോകുന്നു ഭാര്യയും കൂട്ടി പോകും ഭാര്യയുണ്ടെങ്കിൽ അവിടെയും പരിഭ്രജനമാകാം ഏതഹരോ എന്ന് പറഞ്ഞാൽ എന്താണ് ഗൃഹാത്വ വനാത്വ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒന്നുകിൽ ബ്രഹ്മചരി ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിൽ നിന്ന് എവിടെ നിന്ന് വേണോ ഒരാൾക്ക് സ്വീകരിക്കുന്നതാണ് ഗൃഹാത്വ വനാത്വ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് പഴയ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് ൊന്നുമില്ല വെറുതേ പറയുന്ന ബ്രഹ്മചാരി ആ ബ്രഹ്മചര്യത്തെ നാണം കെടുത്താൻ വേണ്ടി പറയുന്നതാണ് മലപ്പുറം എന്തുകൊണ്ട് ബ്രഹ്മചര്യല്ല വേദാതീന ഇല്ല അതൊരു പ്രധാന കാരണം വേദാന്തനല്ല എന്തോ പിന്നെ ബ്രഹ്മചര്യൊന്നും പ്രദേശിൽ കൊച്ചു കുട്ടികളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ട്രിവാൻഡ്രത്തെ എന്താ നടക്കുന്നുണ്ടോ ജിആർ സ്വാമി എന്ന് പറഞ്ഞൊരു സ്ഥലം ദേവദാശ്രമത്തിന്റെ തൊട്ടടുത്ത് ജിആർ സ്വാമിയിലൊരു മടമാണ് ഞാനവിടെ താമസിച്ചിട്ടുണ്ട് അവര് കൊച്ചുകുട്ടികളെ ഞാൻ കൊണ്ടുവരുന്നത് വയസ്സൊക്കെ കൊണ്ടുവന്നു അദ്ദേഹം ജയിപ്പിച്ചെല്ലാം ചെലവ് കൊടുത്ത് പക്ഷെ അവരുടെ ഒരു അഭിനീലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊരു പൂജാരിയാവത്തേ അവിടെയും ബ്രഹ്മചര്യം എന്ന് പറയുന്ന വേദാധ്യയനം ഉണ്ടെങ്കിലും മറ്റ് വ്രതങ്ങളൊന്നും അവർ പാലിക്കില്ല പണ്ടത്തെ പോലെ അതിനൊന്നും പിള്ളേരെ കിട്ടത്തില്ല നിലത്ത് കിടക്കണം എണ്ണ കയക്കാൻ പാടില്ല മുടി മുറിക്കാൻ പാടില്ല നഖം മുറിക്കാൻ പാടില്ല ഏത് കാര്യങ്ങളും കേൾക്കും ആ അപ്പം അവിടെ നോക്കിയാലും ശരിയായ രീതിയിൽ പഴയ രീതിയിൽ പറഞ്ഞ രീതി നടക്കുന്നു വേദാധ്യനം കുറെ നടക്കും അത് പൂജാരിമാരാടാൻ വേണ്ടി ഞാൻ ഞാൻ തമസിക്കാടുന്നു പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നമ്മുടെ എബ്രഹാം അവിടെ ഇതൊരു കാക്ക കുച്ച കൊച്ചിട്ട് ആകെ വേറെ ഒന്നും പറഞ്ഞില്ല അവരുടെ അടുക്കള കേരളത്തില്ല പക്ഷത് അടുക്കളയുടെ അവരുടെ ഒപ്പം ഇരുത്തി അചാരന്മാരുടെ ഒപ്പം ഇരുത്തി നാരായ ശിഷ്യനല്ലേ പക്ഷെ അവരുടെ മൂല വിശ്വാസം ഇല്ലായിരുന്നു അങ്ങോട്ട് കേരളത്തില് കേരളത്തില്ലായിരുന്നു പക്ഷെ അതിന്റെ ഒരു ഗുണമുണ്ടായി ഇപ്പല്ല അവരുടെ ഒരു രീതി ഉണ്ട് സാമിച്ച് അതൊക്കെ മനസ്സിലാക്ഷ ഒരു പ്രാഷേ പഠിച്ചേ ഉള്ളൂ ഹിരണ്യവർണ്ണി അത് എല്ലാ സൂക്തങ്ങളൊന്നും അവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ പിന്നെ നമ്മളെ തലേതിരിക്കും അവര് അഞ്ചു പ്രാവശ്യം കണ്ട് നമ്മൾ എത്രയോ പിന്നെ എത്രയോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് ഉറങ്ങിത്തുള്ളൂ അത് പഠിക്കാൻ അത് പഠിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൂജാരി എന്ന പോലെ തൊഴിലേക്ക് പോകാന്നുള്ളതാണ് പുരോഹിതൻ അത് അങ്ങനെയുള്ളവർക്ക് ഒരു തൊഴിലെന്നുള്ളതാണെങ്കിൽ നല്ലതാണ് അത് പഠിച്ചിരിക്കും അല്ലാതെന്താ കൊണ്ടുവരെന്നുള്ള അതാണ് ഇവിടെ എന്താണ് ഇവിടെ വിസം ഭരിക്കുന്നെന്ത് ഒരാള് ഈ എവിടെ ഇരുന്ന് വേണമെങ്കിലും അയാൾക്ക് സന്യസിക്കാണ് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഭാമതികാരൻ ഇത്രയും ദീർഘമായ ഒരു വ്യാഖ്യാനം എഴുതിയെന്ന് വെച്ചാൽ അധശബ്ദം അതിന് ശങ്കരാചാര്യ പറഞ്ഞ കാര്യങ്ങൾക്ക് ഭാമതികാരൻ എഴുതിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു വാക്കിന് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നീളമുള്ള വ്യാഖ്യാനമാണ് ാരെങ്കിലും ഇത്രയും നീണ്ട വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബാമതി വന്നിട്ട് ഇതോടെ മൂലം തുടങ്ങി മറിച്ചു നോക്കാം ഇത്രയും നീണ്ട വ്യാഖ്യാന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഭാഗികാരം ചർച്ച അതുകൂടെ വിസംബിച്ച് തസ്മ ഷാമയാനന്തര്യം അതുകൊണ്ടെന്താണ് അവയ്ക്ക് ശേഷം സാധന ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം ഏവാനന്തരം ധർമ്മ ജിജ്ഞാസായു പറഞ്ഞു ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം ബ്രഹ്മവിചാരം സന്യാസമൊന്നല്ല അത് ഇവിടെ നിന്നാണെങ്കിലാകാം ഇത്രേയുള്ളൂ സാധന ചതുഷ്ടയ സമ്പത്തി ഇവിടെയാണ് ഒരുപാട് പേർക്ക് ഒരു സംശയം വരുന്നു അതുകൊണ്ടൊന്ന് ചർച്ച ചെയ്തിരിക്കുന്ന എന്താണ് നമ്മളെ ഇവിടുത്തെ സന്ദർഭത്തിൽ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന എന്താണ് സാധന ചതുഷ്ട സമ്പന്നന ബ്രഹ്മവിചാരം ചെയ്യാം സന്ദേശിക്കാം ഇവിടെ പലരും ഇത് വായിച്ചിട്ട് എന്താണ് വല്ലാത്ത എന്താണോ തെറ്റിദ്ധാരണക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിതൊക്കെ ഒന്നും സംസാരിച്ചിട്ടുള്ളതാണെന്ന് ഓർമ്മയില്ലെന്ന് സാധന ചതുഷ്ഠയെ സമ്പ കൃത്യമായി പറയണു സാധന ചതുഷ്ടയെ സമ്പന്നനായ ഒരുവന് എവിടെ വെച്ച് വേണമെങ്കിലും ബ്രഹ്മവിചാരം ചെയ്യാം സന്യാസിക്കുകയും ഒരൊറ്റ കാര്യമേ ഉള്ള എന്താണ് സാധന ചതുഷ്ടയ സമ്പത്തി ഇവിടെയാണ് ആൾക്കാരുടെ സംശയം ഗൗരവമായൊരു സംശയം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏ ആർക്കറിയാം അതായത് സംശയതാണ് അവശൂദ്രാധികത്തെ ചെല്ലുമ്പോ ശങ്കരായർ പറയുന്ന എന്താണ് ഈ പറയുന്ന ബ്രഹ്മവിചാരം എന്നുപറയുന്നത് വേദാധ്യനം കഴിഞ്ഞ് ബ്രഹ്മവിചാരം ചെയ്യാന്ന് പറയുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യം മൂന്നുമൂട്ടർക്കെ പാട്ടുള്ളൂ ഇവിടെ അത് പറയുന്നില്ല ഇവിടെ പറയുന്ന സാധന ജ്യേഷ്ഠയ സമ്പന്നം യോഗ്യതയുള്ളവനെന്നാണ് അപ്പൊ യോഗ്യത ഉള്ളവർക്കെല്ലാം എന്നിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ മുമ്പോട്ട് ചെല്ലുമ്പണ്ട് ബ്രാഹ ക്ഷത്രീയ വൈസ്യന്മാർക്കെ പാടുള്ളൂ ഇതിന് എന്താ മനസിലാക്കാം എന്നാണ് ആൾക്കാർ പറയുന്നത് ഡയലോക് ഇവിടെ ഡയലോക്ട് ആക്കിയത് ഇവിടെ പറയുന്നത് സമ്പത്തിയുള്ള ബ്രാഹ്മണർക്കും അപ്പൊ ഡയലൂട്ട് ആക്കിയത് ഇവിടെ അവിടെ പറയുന്നെന്താണ് ഇത് ബ്രാഹ്മണൻ മൂന്ന് ജാതികളൊക്കെ പകർന്നു അപ്പൊ ഇതിന്ന് എന്ത് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം ഇതിന്റെ ആശുദ്ര അധികരണം പ്രക്ഷിപ്തമാണ് വേറെ ആരും വഴിയാണ് ൂട്ടിച്ചേർത്താണ് വെച്ചാ കൂട്ടിച്ചേർത്തം എന്ന് പറയുന്നു കാരണം ഇവിടെ ആദ്യം ക്ലിയറായി പറഞ്ഞല്ലോ സാധന ജ്യസമ്പത്തി ഉണ്ടെങ്കിൽ ഒരുവിന് വേദാന്ത വിചാരവും ജ്ഞാനവും സന്യാസവും ജാതി പറയും ഇവിടെ ജാതി പറയുന്നില്ല അപ്പൊ ജാതി പറഞ്ഞ ആരോ എഴുചേർത്ത ഇതാണ് കുറെ ആൾക്കാർ പറഞ്ഞു വരുന്നത് ഈ ഭാഗം വച്ചിട്ടുണ്ട് വിശുദ്ദാധികം ശങ്കരായു അല്ല എന്നുള്ളതിന് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് പ്രധാനമായതാണ് ഇവിടെ പറയുന്നത് സാധനച്യഷ്ടയ സമ്പന്നൻ ശേഷം ബ്രഹ്മവിചാരം എന്നാണ് ജാതി പറയുന്നില്ല അപ്പൊ അവിടെ ജാതി പറഞ്ഞ് വേറെ ആരും എഴുതി ചേർത്തു പക്ഷെ ആ പറയുന്ന വാദത്തിൽ യാതൊരു കുഴമ്പുമില്ല ശങ്കരാചരി തന്നെയാണ് അവശുദ്രാധികരണം എഴുതിയത് അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ള എന്റെ എല്ലാ വ്യക്തികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് പറയാമോ കാരണം ഇതേ ആശയ ശങ്കരായവിടെ മാത്രമല്ല ഗീതയിലും മറ്റ് ഉപനിഷത് ഭാഷ്യങ്ങളിൽ എവിടെയൊക്കെ സന്ദർഭം കിട്ടുന്നു അല്ലെങ്കിൽ സന്ദർഭമുണ്ടാക്കി ശങ്കരാചാര് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അത് മാത്രമല്ല ബ്രാഹ്മണന് മാത്രമേ സന്യാസം പാടുള്ളൂന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഇനി അപശൂത്രാധികളെ ശങ്കരാരലല്ല വേറെ എഴുതിയെന്ന് വെച്ചാലും ബാക്കിയുള്ള അടുത്ത് വരുമ്പോ എന്ത് ചെയ്യും ബാക്കിയുള്ള അടുത്ത് വരുമ്പോ അതുകൊണ്ട് കാരണം മറ്റുള്ള എല്ലായിടത്തും ഈ ആശയം പറയുന്നുണ്ട് അതുകൊണ്ട് അപ്പൊ ചിലര് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല അവശൂദാധികാരണം മാത്രമല്ല എവിടെയൊക്കെ ശൂദ്രന് വേദാധികാരമില്ല അല്ലെങ്കിൽ അവന് വിചാരത്തിന് അനുവാദമില്ല പിന്നെ എവിടെയൊക്കെയാണോ അവന് സന്യാസത്തിന് അറിയാലും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ആരോ എഴുതി ചേർത്ത അവശ്വതാധികാരണം മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉറക്കം വരുന്നില്ല ഇങ്ങനെയുള്ള അഞ്ചു മണി വരെയായിരുന്നു അപ്പോ ബാക്കിയുള്ളതെല്ലാം എല്ലായിടത്തും എവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുന്ന മുഴുവൻ വേറെ ആരും എഴുതി ചേർത്താണ് ശങ്കരാചാര്യ നിരപരാധിയാണ് പുണ്യാളനാണ് ശങ്കരാചാര്യ ഇങ്ങനെയൊന്നും എഴുതിയില്ല എന്നും മറ്റൊരു വാദം അതിന് ഞാൻ സമാനം പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് പറഞ്ഞത് ശങ്കരാചാര്യെ എന്തു പറഞ്ഞാ പോലെ നമ്മള് പറയുന്നതിന് കാരണം പറയുന്നു ശങ്കരാചാര്യ എഴുതി ഒരാള് പറയണു ഇത് മുഴുവൻ മറ്റാരും എഡുക്കേറ്റിയാണ് ശങ്കരായങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മം എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് സർവഭൂതവും ആത്മാവൽ ആത്മാവിനെയും അങ്ങനെയെന്നൊക്കെയാണ് ശങ്കരായ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവന് ശങ്കരായ നീതിയെ എങ്ങനെ ശങ്കരായ പറയുന്നു അതിന് ഞാൻ സമാനം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമാനം പറഞ്ഞു എന്താണ് പറഞ്ഞു ഒരു കാര്യം പറയാമോ ർക്ക് വേണ്ടി പറയുന്നു അതിനുവേണ്ടി ചോദിക്കും ഭാഷ ബാക്കിയല്ല ശങ്കര എവിടെയൊക്കെയാണോ ഇങ്ങനെയുള്ള പ്രതിലോപരമായ ആവശ്യങ്ങൾ ഒന്ന് അത് മറ്റാരും എഴുതി ചേർത്താണ് അതുകൊണ്ട് ഞാൻ എന്താ കൊണ്ട് സംഭവിക്കാ എന്താണ് സമാനം പറയുന്നത് അല്ല ഒരു സമാനം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ശങ്കരായ ഭാഷയത്തിന് വ്യാഖ്യാനം എഴുതിയ എല്ലാവരും മനസിലായോ അത് എന്താണ് പത്മപാത പഞ്ചപാതി ആയിക്കൊള്ളോട്ടെ അല്ലെങ്കിൽ ഭാമികാരന്റെ ാരന്റെ ഭാമതി ആയിക്കൊള്ളട്ടെ സുരേഷ് രാജാരന്റെ കാർത്തികമായിക്കൊള്ളട്ടെ ആനന്ദഗിരിയുടെ ടി വി ആയിക്കൊള്ളട്ടെ ഇതെല്ലാം ഭക്ഷ്യത്തിന് നേരിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാ വ്യാഖ്യാതാക്കളും ഇതെല്ലാം അംഗീകരിക്കുന്നു ഒരാളല്ല ഇതെല്ലാം എന്താണ് എല്ലാവരും അംഗീകരിക്കുന്നു അപ്പൊ എല്ലാവരും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ നേരിട്ടുള്ള വ്യാഖ്യാതാക്കൾ ും ശങ്കരാൻ പറ്റും കാരണം പറയണെങ്കിൽ അവര് പറയുന്നു വ്യാഖ്യാനം ഒഴുകി മനസിലായോ അങ്ങനെ വരും അതുകൊണ്ട് ആ ശിഷ്യന്മാര് അവരൊഴുകിയപ്പോ എല്ലാരും ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും അവര് ചേർത്തിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോ ശങ്കരായഴുതി അല്ലെങ്കിൽ അവര് പറയരു ശങ്കരായഴുതി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അവിടെ എല്ലാം ശങ്കരായുണെന്നൊരു എന്ന് പറയാം എന്ന് പറഞ്ഞ അതിനും പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയൂടെ ആ പാഠ്യാതത്തിന് തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ശങ്കരാചാര്യ ഭാഷയത്തിന് ഇടാമെന്ന് പറയുന്ന അതായത് അതിന് പറയുന്ന ഒരു സമാധാനം അതിന് ഒരു മറുപടി പറയുന്നത് ഈ തിരുത്തലുകൾ വരുത്തിയതും എന്താണ് ഈ ശങ്കരാചാര്യ ശിഷ്യന്മാരിൽ ആരോ ഒരാളാണ് അയാള് തിരുത്തല് വരുത്തിയത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അത് തുടങ്ങും ശങ്കരാചാര്യ രീതിയല്ല അങ്ങനെ ഒരു സമാനം പറയും മനസ്സിലായോ അതിനെന്ത് സമാനം പറയും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെന്ത് സമാനം പറയുന്നു എന്ത് സമാനം പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്താണ് ലോകത്ത് നമ്മുടെ പഴയ സംസ്കൃത സാഹചര്യത്തിൽ എവിടെയെല്ലാം തിരുത്തലുകളുണ്ടോ ഉദാഹരണം കാളിദാസന്റെ കൃതികളിൽ ശങ്കരാകാര്ക്ക് മുമ്പുള്ളതാണ് മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ തിരുത്തലുള്ളതെല്ലാം തിരുത്തലുള്ളതും തിരുത്തലില്ലാത്തതുമായിട്ടുള്ള പ്രതികള് കിട്ടിയിട്ടുണ്ട് പ്രക്ഷിപ്ത തിരുത്തലുള്ളതും തിരുത്തലില്ലാത്തതും ശങ്കരാചരുടെ ഈ ഭാഷയത്ത് ഇത്തരം തിരുത്തൽ വരുത്തിയ ഒരു പ്രതികരണം അത് വളരെ പിൽക്കാലത്തുള്ളതാണ് അതിനുമൊക്കെ പിൽക്കാലത്തുള്ളതാണ് അങ്ങനെ ആരെ ഏതെങ്കിലും ഒരു ശേഷം തിരുത്തിയിരുന്നെങ്കിൽ തിരുത്താത്തത് നേരെ കാണും അങ്ങനെ തിരുത്താത്ത ശാങ്കല ഭാഷ ഒരിടത്തും അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നു തിരുത്തലുള്ള ഒരു പാഠം കിട്ടിയിട്ടില്ല അവശൂദാധികാരണം ഇല്ലാത്തവർ ഭാഗം കിട്ടിയിട്ടില്ല ശങ്കര വ്യാഖ്യാനം ഒരു ഭാഗം ഉം അത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ആരെങ്കിലും തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്ഷിപ്ത പാഠം ഒരു കാളിദാസ് കൃത്യം അവിടെ ഇവിടെ പോകുന്നത് എന്തിനും ഗീതയെ പ്രക്ഷിപ്ത ശ്ലോകങ്ങളുണ്ട് അങ്ങനെ ഒന്നും ഇതിനകത്തില്ല ശ്ലോകം അങ്ങനെ വന്ന് ശാങ്കര ഭാഷയെ തിരിടത്തും മനസിലായോ അതുകൊണ്ട് മനസിലായോ അപ്പൊ എന്ന് പറയുന്നുണ്ട് അതിനും വേണമെങ്കിൽ പറയാം ഇത് ബോധപൂർവാരോ തിരുത്തിയിട്ട് ബാക്കിയുള്ള എല്ലാം നശിപ്പിച്ചോളാം ാരോ നശിപ്പിച്ചു എന്താണെങ്കി പറയാമല്ലോ അതും ശെരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല ശങ്കരാചാര്യര് ഈ ഗ്രന്ഥം എഴുതിവയ്ക്കുക മാത്രമല്ല ഇത് പല ശിഷ്യന്മാരിലൂടെ എന്തു ചെയ്തു ഇത് പരിചരിപ്പിക്കുകയും ചെയ്യും ജീവിച്ചിരിക്കുമെന്നല്ല അതുകൊണ്ടാണ് കൂടെയുണ്ടാകുന്ന ശിക്ഷ മരി വ്യാഖ്യാൻ എഴുതിയെന്ന് പറയും അപ്പൊ ഇത് ആരെങ്കിലും ഒരാള് വിചാരിച്ചാല് തിരുത്താൻ പറ്റില്ല കാരണം ഇത് ഭാരതത്തിന്റെ നാലാ ഭാഗത്തും ഇത് പ്രചരിച്ചു അപ്പൊ പല ഭാഗത്ത് പോകുന്നത് ഒരാൾ ഒരു കോപ്പി തിരുത്തിയാൽ കാരണം പണ്ട് കൈ കൊണ്ട് എഴുതുകയും ചെയ്യുന്നു പ്രിന്റ് പറ്റില്ല പലരുടെ കൈയിലാവും അപ്പൊ തിരുത്തി ഒരാൾ വിചാരിച്ചിട്ട് തിരുത്തി നശിപ്പിക്കാൻ പറ്റില്ല മനസിലായ അതുകൊണ്ടാണ് എന്താണ് ഈ ശങ്കരാചാര്യരുടെ ഈ ഭാഷയത്തിന്റെ അധ്യയന പരമ്പര ഇന്ത്യയുടെ നാനാഭാഗത്തും വെവ്വേറെ ഉണ്ട് പശുങ്കരി മഠത്തിൽ പഠിപ്പിക്കുന്ന രീതി വേറെയാണ് മറ്റിടത്ത് പഠിപ്പിക്കുന്ന വേറെ രീതി വേണം കൈലാശാശ്രമത്തിൽ പഠിപ്പിക്കുന്ന രീതിയാണ് അപ്പോ ഇന്ന് വരെ എല്ലാ ശങ്കര പരമ്പരകളിലും പരമ്പരയില് ഇത് ചേർത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണോ ഇത് തിരുത്തിയൊരു ശിഷ്യ പരമ്പര ഇല്ല അങ്ങനെ ഒരു പരമ്പരയില്ല മനസിലായോ തിരുത്തിയൊരു പരമ്പര ഇല്ല പിന്നെ ഇതിനൊക്കെ സർവോപരിയായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് അപശൂദ്രാധികരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതാരും എഴുതി ചേർത്തയല്ല എന്തുകൊണ്ട് ഇത് പൂർവമീമാംസേനും അഭിസൂദ്രാധിക അതേ അപശൂദ്രാധികരണം പൂർവ്വമീമാംസ ഉള്ളത് തന്നെ വന്നു എന്നുള്ളത് ആരും പ്രത്യേകിച്ച് ചേർത്തേ പൂർവ്വീമാനാവശ്യൂത്രാധികാരണം വന്നുകൊണ്ട് ഉത്തരവിമാനുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പിന്നെ ഇനി വേറെ ചിലര് പറയുന്നു ചില മൂർഖന്മാര് ശങ്കരാചാര്യര് എല്ലാവർക്കും ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ അഭിശൂദ്രാധികനത്തിന് പറഞ്ഞിട്ടുണ്ട് ശൂദ്ധനം ബ്രഹ്മജ്ഞാനത്തിനും അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താ വഴക്കും അഭിശുദ്ധരാധികനത്തിൽ എല്ലാവർക്കും ജ്ഞാനത്തിന് എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ അപ്പൊ പിന്നെ ശങ്കരാചാര്യ നിങ്ങളെങ്ങനെ പറയും ജാതി അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇങ്ങനെ അധികാരം എന്ന് പറയാൻ പറ്റി എല്ലാവർക്കും ജ്ഞാനത്തിന് അവകാശം ഉള്ളത് ശങ്കരാചാര് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വെച്ചാൽ നാല് വർണ്ണത്തിൽപ്പെട്ടവര് വർണ്ണഭാഗ്യരുടെ കാര്യല്ല ശൂദരം വരെയുള്ള എല്ലാവർക്കും പിന്നെ ചന്ദ്ര ശങ്കരാകാര്ക്ക് ദോഷം വല്ലതും ഉണ്ടാ സ്വാമിയുടെ ശങ്കരാചാര് ബ്രഹ്മസൂത്രത്തിന് അവശൂദിഗണത്തിൽ പറഞ്ഞിട്ടുണ്ട് രാമനും ക്ഷത്രിയും മൈസ്യം മാത്രമല്ല ശൂദ്രനും ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ട് പ്രശ്നമൊന്നുമില്ല ശൂദ്രന്റെ ജ്ഞാനം കൊടുക്കാന്ന് അംഗീകരിച്ചെന്താ കൊഴപ്പം അതല്ലേ വേണ്ടത് ഞാനും അല്ലേ വേണ്ടത് എന്താ ദോഷം ആ അവിടെ പറഞ്ഞിരിക്കുന്നു വേദാധ്യനത്തിലൂടെയുള്ള എന്താണ് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ മിണ്ടാത്തതാണ് കാണുന്നെന്ന് വെച്ചുകഴിഞ്ഞാ ശെരിക്കും രാത്രി ഉറങ്ങുന്നില്ല പിന്നെ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഉറക്കം രാത്രിയില്ല പിന്നോട് എന്താന്ന് ഉറങ്ങും ഒന്നര മണിക്ക് ഞാനും എണീറ്റതായി സ്വാമി എണീറ്റ് പക്ഷെ ഒന്നര മണിക്ക് എണീക്കുന്നതിന് ഒരു കുഴപ്പമില്ല കിടന്ന് ഉറങ്ങണം എണീക്കുന്നത് ഞങ്ങള് രണ്ടുപേരും ഒന്നര മണിക്ക് എണീറ്റ് ഉറക്കം എന്ന് പറയുന്നതിന് ഏഹ് ഉറക്കത്തിനോട് നിങ്ങൾ ഉറക്കത്തിനോട് മല്ലിടാൻ പോയി കഴിഞ്ഞ അവസാനം എന്താ സംഭവിക്കുന്നത് ആ പിന്നെ കറിഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് കറിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഉറക്കമെന്ന് പറയുന്ന എന്തിനു വേണ്ടിട്ടുള്ളതാണ് പ്രധാനമായിട്ടും എന്തൊരു പേര് ബ്രെയിൻ ടോക്സിൻസ് അത് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ അതൊന്നും റിമൂവ് ചെയ്യത്തില്ല ബ്രെയിനിന്റെ പ്രവർത്തനം താളം തെറ്റും താളം തെറ്റിക്കഴിഞ്ഞാൽ അതിന് കൂടെ ഒരു ഗസ്റ്റ് ഹൌസിൽ പണ്ടൊരു സ്വാമി ഉണ്ടായിരുന്നു യോഗ ചെയ്തിട്ട് ഏതാണ് ജഗതീശ്വരാണ് ഉറക്കം കളഞ്ഞു യോഗ ചെയ്തയാളാണ് വലിയ എന്താണ് ജീനിയസായിരുന്നു വണ്ടി നിനക്കായിരുന്നു ഒരുപാട് ബുക്കുകളൊക്കെ വാങ്ങിക്കും യോഗ ചെയ്യും പക്ഷെ ഉറക്കം കളഞ്ഞ് അവസാന സമയം വരെ പിന്നെ നിങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ഹൗസ് ഇരുന്ന് ചീത്ത വിളിച്ചോണ്ടേരിക്കും അവര് മുറി ആ ഞാനിട്ടു ആ ഒരു സെൻറെ മുറിഫിൽ വെച്ച് ഒരു സെൻ്റെ മുറികകത്ത് കയറി വന്നു എന്നോട് ചോദിച്ച പ്രതിപ്രസവം സമിക്കറിയ എന്നാണ് ഞാൻ പറയുന്നത് പ്രതിപ്രസവം മനസിലായത് ഞാൻ പറഞ്ഞു മനസ്സിലായി സംഖ്യന്മാരുടെ അല്ലെ എന്താ ആ പ്രതിപ്രസവം എന്ന് പറയുന്ന അതിനെ പിന്തുടർന്നാണ് യോഗിയുടെ സമാധി ഉണ്ടായത് മനസ്സിലായോ അത്ര കൃത്യമായിട്ട് ആ അതാ നിങ്ങൾക്ക് പോലും അറിയില്ല മനസിലായോ എന്ന് വെച്ചാൽ പ്രളയം സംഘീമാരുടെ ആ പ്രളയത്തെ അംഗീകരിച്ചാണ് യോഗികള് സമാധിയെ കുറിച്ച് പറയുന്നതെന്നാണ് ഇത് ഈ രണ്ടു കാര്യത്തിലും നല്ല അറിവുള്ളവരാക്കെ പറയാൻ പറ്റൂ അപ്പോ പറ്റിയെന്താണ് ഉറങ്ങിയില്ല ഉറങ്ങാതിരുന്ന അവസാനം ടോക്സിൻസ് റിമൂവ് ചെയ്തില്ല നല്ല കാശുള്ള എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കളഞ്ഞിട്ട് ശിവ വന്നത് യോഗയോടുള്ള ഭ്രാന്ത് കേറിയിട്ടാണ് യോഗ ഭ്രാന്തായാണ് എല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് ഇരുന്നിടത്തെല്ലാം വലിയ ലൈബ്രറി ഉണ്ടാക്കി കുന്നമ്പാറ ഉണ്ടാക്കി ചെമ്പഴിയിൽ നല്ല ൈ സെക്രട്ടറി നല്ല ഓർഗനൈസറാണ് എല്ലാം കഴിവുണ്ടായിരുന്നു ആ എല്ലാം ഓർഗർ എല്ലാം കഴിവുണ്ടായിരുന്നു പൊള്ളി ചെയ്തത് ഒരേ ഒരബദ്ധം ഉറങ്ങാതെ പ്രാണായാമം ചെയ്തു ബുക്ക് വായിച്ചതെന്ന് വെച്ചാല് ഈ തല തിരിഞ്ഞപ്പോഴാണ് എന്റെ അടുത്തു നിന്ന് പറയുന്നത് കെറുക്കായിരുന്നപ്പം കിറുക്കായിരുന്നപ്പോഴാണ് ഒരു ദിവസം എന്റെ അടുത്തു നിന്ന് ഈ സംസാരം ഞാൻ അതിശയിച്ചു ഈ മനുഷ്യന്റെ അറിവ് ശീച്ചു അതുകൊണ്ട് അത് സൂക്ഷിക്കണം പിന്നെ ഞാനെന്താ പറഞ്ഞു വന്നത് സ്വാമി പറഞ്ഞു വന്നത് അവസാനമായിട്ട് പറഞ്ഞത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന് വേറൊരു വേദത്തിന്റെ രീതിയിലുള്ള ആ അതാണ് ശങ്കരായു പറഞ്ഞത് ശങ്കരായ സൂത്രന് ജ്ഞാനം ഉണ്ടാവും ശങ്കരായുര് പറഞ്ഞു പക്ഷെ വേദാധ്യന മൂലകമായിട്ട് ജ്ഞാനം എന്ന് പറയുന്നത് വേദാധ്യയനം ചെയ്യാനും അതിലൂടെയുള്ള ജ്ഞാനവും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്നു പേർക്കേ പാടുള്ളൂ അതിൽ തന്നെ സന്യാസം ആർക്കേ പാടുള്ളൂ ബ്രാഹ്മണന് മാത്രം ഇതാണ് ശങ്കരാചാര്യ ചിന്ത അതുകൊണ്ട് അവിശോദരാധികരണം ശങ്കരാചാര്യ എഴുതി വെച്ച് പിന്നെ എന്താണ് ശങ്കരാചാര്യങ്ങനെ എഴുതാൻ കാരണം മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങള് ശങ്കരാചാര്ക്ക് പ്രമാണമായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചാൽ അതാണ് പ്രമാണം മനുസ്മൃതിയിൽ നിരുന്ന മരുന്നാണെന്നാണ് ശങ്കരാചാര്യ പറയുന്നത് മനസ്സിലായ അതുകൊണ്ട് ഇവിടെ ഈ ഇത് കണ്ടുകൊണ്ട് എന്താണ് അതായത് വേദാധികാര നിർമ്മാണം നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമി പോലും ഈ കാര്യം പറയുന്നുള്ളതാണ് ചട്ടം ഇത്രേ പറഞ്ഞുള്ളൂ ഇതിന്റെ പ്രാരംഭത്തിൽ സാധനച്യഷ്ടനായ ഒരുവന് ബ്രഹ്മവിചാരത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചതസു ഈ ശുദ്രാധിക വന്നതിന് ശേഷം ജാതി പറയുന്ന എന്താണെന്ന് അത് ചിന്തിക്കേണ്ട കാര്യമാണെന്നും ആ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ കൂടുതലും അതിനെ പറഞ്ഞിട്ടില്ലെങ്കിലും ശങ്കര ഈ ഒരു ചോദ്യം ചട്ടമ്പിസാമി പോലെ ഉന്നയിച്ചു അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയുന്നില്ല പിന്നെ പൊതുവെ എല്ലാവരും പ്രസംഗിക്കുന്ന എല്ലാവരും പറയും ഈ കാര്യം ശങ്കരായല്ല ഇതെഴുതിയെന്ന് ശങ്കരാചാര അല്ല എന്ന് എഴുതാൻ എല്ലാവരും പ്രേരിപ്പിക്കുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഏഹ് എന്തിനു ന്യായീകരിക്കുന്നത് എന്തിനാണ് ന്യായീകരിക്കുന്നത് ഒന്ന് ന്യായീകരിക്കുന്ന എന്തിനാണ് അതന്നെ എന്തിനാങ്ങനെ പറയുന്നത് ഇത് കണ്ടിട്ടും ഇങ്ങനെ പറയാൻ ആൾക്കാർ ന്യായീകരിക്കുന്ന എന്തിനാ എല്ലാം ബ്രഹ്മെന്ന് പറഞ്ഞ ഒരാളെങ്ങനെ ജാതിഭേദം കാണിക്കും ഇതാണ് സർവവും ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാതിഭേദം ജാതി നീതി കുല ഗോത്ര ദൂരകം എന്നൊക്കെ ശങ്കരായിരിക്കാതിഭേദം കാണിക്കുക ആ ശങ്കരായര് ജാതിഭേദം കാണിക്കില്ല എന്നുള്ള വളരെ മൂഢമായ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ ആണ് ചട്ടപ്പാ ഞാനവിടെയൊക്കെ പോയിട്ടുണ്ട് അന്വേഷിച്ച് സ്വാമി പഠിച്ച അഗ്രഹാരോ കാണാൻ പറ്റുമോ എന്നതിനാ വേണ്ടി ഒരു അന്വേഷണ രീതിയിൽ അവിടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്രാഹ്മണ വീടുകളിലൊക്കെ പോയി അന്വേഷിച്ച് അങ്ങനെ ഇതെവിടെയാണ് വന്നതെന്നുള്ളത് അവർക്കൊന്നും ഒരു പിടിയില്ല പക്ഷെ അങ്ങനെ ഒരു പണ്ഡിതനവിടെ ഉണ്ടായിരുന്നെന്നും എന്താണ് അദ്ദേഹം ഇങ്ങനെ അതാ അവിടെ പലർക്കും അറിയാം ചില പഴയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നു എന്നുണ്ട് പക്ഷെ അതിന്റെ പരമ്പര അങ്ങനെ അല്ലല്ല ചട്ടമ്പിസ്വാമി പഠിപ്പിച്ചെന്ന് പറയുന്ന ഒരു ഒരു വലിയ പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചിലരൊക്കെ പറഞ്ഞു അങ്ങനെ അവർ കേട്ടിട്ടുണ്ട് അതറിയാം പക്ഷെ അവരുടെ കുടുംബമൊക്കെ അവിടെ നിന്ന് പോയി ആരോക്കെ ബാംഗ്ലൂരിലൊക്കെ പോയി തലമുറകളൊക്കെ ഇപ്പൊ അവിടെ ആരും ഇല്ല അതുകൊണ്ട് അതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ അവിടെ പോയി അന്വേഷിച്ചാണ് അതുപോലെ തന്നെ ഗുരുദേവൻ പഠിച്ച് ഗുരുദേവൻ പഠിച്ചിട്ടുള്ളൊ കുമ്മംപിള്ളി രാമംപിള്ള ആശാൻ അവിടെ ഞാൻ പോയി അന്വേഷിച്ചു കായംകുളത്തിൽ അതേ തന്നെ അവിടെ ആരെങ്കിലും കൊണ്ടു വന്നു അങ്ങനെ പോയി പോയി പോയി കായംകുളത്ത് ഒരു വീട്ടിൽ ചെന്നപ്പം കുമ്മംപുള്ളി രാമപിള്ള ആശാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ചില ഗ്രന്ഥങ്ങൾ ഒരു വീട്ടില് ഒരു പത്തായത്തി പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അത് കണ്ട് പക്ഷെ അത് അവരവിടെ വെച്ചിട്ട് വിളക്ക് കൊടുത്തത് ആ കുടുംബത്തിൽപ്പെട്ട ആണ് അകന്ന ബന്ധത്തിലൊക്കെ ഉള്ളത് വേറെ അവിടെ ഒരു അറയും നിറയും ഒക്കെ ഉള്ള ഒരു വീടാണ് അതിന്റെ അകത്ത് ഈ രാംവിലാസന്റെ ചില ബുക്കുകളെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അല്ല അമരകോശവും ജ്യോതിഷത്തിന്റെ ചില ഗ്രന്ഥങ്ങളും ഒക്കെ കണ്ടത് ഈ ഓലയിൽ എഴുതി അത് ഞാൻ ഒരിക്കലും അന്വേഷിച്ചു അറിയാൻ വേണ്ടി കണ്ടെത്തി അത് പക്ഷെ അങ്ങനെ ഒന്നും കണ്ടെത്താൻ പറ്റി അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് ഏത് സമയത്താണ് ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നത് അപ്പോ സഞ്ചിച്ച എന്നാണ് പറയും ഇതിനു വേണ്ടി അത ശബ്ദത്തെ എത്രയോ പേജുകൾ വ്യാഖ്യാനിച്ചു ആ ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ രണ്ടും വേണം കേട്ടു നോക്കിയത് എന്താണ് അറിഞ്ഞിരിക്കാം എത്തുന്നുണ്ട് ഓക്കെ